യൂണിറ്റ് ഫൈവ് ലെസൺ ഇതും ഇതിനപ്പുറവും നടക്കാറുണ്ടായിരുന്നു സഹദേവൻ കണ്ടില്ലേ ഇന്നത്തെ പത്രം കണ്ടല്ലോ ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ നടന്ന ഹരിജനങ്ങളുടെ കൂട്ടക്കൊലയെ പറ്റിയല്ലേ താൻ പറയാൻ പോകുന്നത് അതെ അതെ എന്തു ഭയങ്കരമായി പോയി ഇങ്ങനത്തെ ക്രൂരതകൾ ഇക്കാലത്ത് നടക്കാറുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നേ ഇല്ല നമ്മുടെ നാട്ടുകാർ തന്നെ ഭേദം ജാതിയുടെ പേരിൽ ഇങ്ങനെയൊന്നും ആരും ഇവിടെ കാണിക്കാറില്ല ഇപ്പോഴത്തെ കാര്യമാണെങ്കിൽ താൻ പറഞ്ഞത് ശരിയാ പക്ഷെ ഒരമ്പത് അറുപത് കൊല്ലങ്ങൾക്കപ്പുറം ഇവിടെ ഇതും ഇതിനപ്പുറവും നടക്കാറുണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മച്ചിയും അങ്ങനെ ചില കഥകൾ പറയാറുണ്ട് എന്തോ എനിക്കതൊന്നും വിശ്വസിക്കാനേ തോന്നുന്നില്ല അതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സാറിന് നേരിട്ടെന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എനിക്കില്ലായിരിക്കാം പക്ഷേ എന്റെ അച്ഛന് ഉണ്ടായിട്ടുള്ള ദുരന്താനുഭവങ്ങളെ പറ്റി നന്നായി അറിയാം മേൽജാതിക്കാർ എന്ന് പറഞ്ഞ് നടന്നിരുന്നവരുടെ ക്രൂരതയെ പറ്റി അച്ഛൻ പറയാറുണ്ട് അവർ മറ്റുള്ളവരോട് അതിക്രൂരമായാണ് പെരുമാറാറുണ്ടായിരുന്നത് അവരുടെ കുളങ്ങളിൽ നിന്ന് താഴ്ന്ന ജാതിക്കാർക്ക് കുളിക്കാനോ വെള്ളമെടുക്കാനോ പാടില്ലായിരുന്നു എന്നിട്ട് അവരതൊന്നും എതിർത്തിരുന്നില്ലേ മേൽജാതിക്കാരെ എതിർത്താൽ അതിനുള്ള ശിക്ഷ മരണമായിരിക്കും രാജാവും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ മേൽജാതിക്കാരായിരുന്നല്ലോ അവർ ജീവിതത്തിലെ സക്കരസുഖങ്ങളും തങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കാറുണ്ടായിരുന്നു ഇവിടുത്തെ അതിക്രൂരമായ ജാതി കണ്ടിട്ടാണ് വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞത് പക്ഷേ ഇന്ന് അദ്ദേഹം വന്നാൽ അഭിപ്രായം തിരുത്തി എഴുതിക്കൊള്ളു സാധാരണ ജീവിതത്തിൽ നമ്മുടെ നാട്ടുകാർ ജാതി വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിന്റെ പുരോഗതിയെപ്പറ്റി തനിക്ക് വലിയ അഭിമാനമാണല്ലോ അഭിമാനിക്കാൻ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നെനിക്കും അറിയാം പക്ഷേ മറ്റുള്ളവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർ കൂടുതൽ സഹിഷ്ണുതയോടെ എത്രയോ മിശ്ര വിവാഹങ്ങൾ നടക്കാറില്ലേ നമ്മുടെ നാട്ടിൽ അച്ഛനമ്മമാരുടെ സമ്മതമില്ലാതെയുള്ള മിശ്ര വിവാഹങ്ങൾ മറ്റു പലയിടത്തും നടക്കാറുണ്ടായിരിക്കും അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും നമുക്ക് മേന്മ അവകാശപ്പെടാനാവില്ല വേരോടെ പിഴുതു ജനങ്ങൾക്ക് നന്മ വരും ിസൺ ആൻഡ് റെപ്പീറ്റ് സഹദേവൻ കണ്ടില്ലേ ഇന്നത്തെ പത്രം സഹദേവൻ കണ്ടില്ലേ ഇന്നത്തെ പത്രം കണ്ടല്ലോ ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ നടന്ന കണ്ടല്ലോ ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ നടന്ന ഹരിജനങ്ങളുടെ കൂട്ടക്കൊലയെപ്പറ്റിയല്ലേ ഹരിജനങ്ങളുടെ കൂട്ടക്കൊലയെപ്പറ്റിയല്ലേ താൻ പറയാൻ പോകുന്നത് താൻ പറയാൻ പോകുന്നത് അതെ അതെ അതെ അതെ എന്ത് ഭയങ്കരമായി പോയി എന്ത് ഭയങ്കരമായി പോയി ഇങ്ങനത്തെ ക്രൂരതകൾ ഇക്കാലത്ത് നടക്കാറുണ്ടെന്ന് ഇങ്ങനത്തെ ക്രൂരതകൾ ഇക്കാലത്ത് നടക്കാറുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നേയില്ല ഞാൻ വിചാരിച്ചിരുന്നേയില്ല നമ്മുടെ നാട്ടുകാർ തന്നെ ഭേദം നമ്മുടെ നാട്ടുകാർ തന്നെ ഭേദം ജാതിയുടെ പേരിൽ ഇങ്ങനെയൊന്നും ജാതിയുടെ പേരിൽ ഇങ്ങനെയൊന്നും ആരും ഇവിടെ കാണിക്കാറില്ല ആരും ഇവിടെ കാണിക്കാറില്ല ഇപ്പോഴത്തെ കാര്യമാണെങ്കിൽ ഇപ്പോഴത്തെ കാര്യമാണെങ്കിൽ താൻ പറഞ്ഞത് ശരിയാ ശരിയാ പക്ഷേ ഒരമ്പത് അറുപത് കൊല്ലങ്ങൾക്കപ്പുറം പക്ഷേ ഒരമ്പത് അറുപത് കൊല്ലങ്ങൾക്കപ്പുറം ഇവിടെ ഇതും ഇതിനപ്പുറവും നടക്കാറുണ്ടായിരുന്നു ഇവിടെ ഇതും ഇതിനപ്പുറവും നടക്കാറുണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മച്ചിയും അങ്ങനെ ചില കഥകൾ പറയാറുണ്ട് ഞങ്ങളുടെ അമ്മച്ചിയും അങ്ങനെ ചില കഥകൾ പറയാറുണ്ട് എന്തോ എനിക്കതൊന്നും വിശ്വസിക്കാനേ തോന്നുന്നില്ല എന്തോ എനിക്കതൊന്നും വിശ്വസിക്കാനേ തോന്നുന്നില്ല അതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സാറിന് നേരിട്ടെന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ സാറിന് നേരിട്ടെന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എനിക്കില്ലായിരിക്കാം എനിക്കില്ലായിരിക്കാം പക്ഷേ എന്റെ അച്ഛന് ഉണ്ടായിട്ടുള്ള പക്ഷെ എന്റെ അച്ഛനുണ്ടായിട്ടുള്ള ദുരന്താനുഭവങ്ങളെ പറ്റി നന്നായി അറിയാം ദുരന്താനുഭവങ്ങളെപ്പറ്റി നന്നായി അറിയാം മേൽജാതിക്കാർ എന്ന് പറഞ്ഞ് നടന്നിരുന്നവരുടെ മേൽജാതിക്കാർ എന്ന് പറഞ്ഞ് നടന്നിരുന്നവരുടെ ക്രൂരതയെപ്പറ്റി അച്ഛൻ പറയാറുണ്ട് ക്രൂരതയെപ്പറ്റി അച്ഛൻ പറയാറുണ്ട് അവർ മറ്റുള്ളവരോട് അവർ മറ്റുള്ളവരോട് അതിക്രൂരമായാണ് പെരുമാറാറുണ്ടായിരുന്നത് അതിക്രൂരമായാണ് പെരുമാറാറുണ്ടായിരുന്നത് അവരുടെ കുളങ്ങളിൽ നിന്ന് താഴ്ന്ന ജാതിക്കാർക്ക് അവരുടെ കുളങ്ങളിൽ നിന്ന് താഴ്ന്ന ജാതിക്കാർക്ക് കുടിക്കാനോ കുളിക്കാനോ വെള്ളമെടുക്കാനോ പാടില്ലായിരുന്നു കുടിക്കാനോ കുളിക്കാനോ വെള്ളമെടുക്കാനോ പാടില്ലായിരുന്നു എന്നിട്ട് അവരതൊന്നും എതിർത്തിരുന്നില്ലേ എന്നിട്ട് അവരതൊന്നും എതിർത്തിരുന്നില്ലേ മേൽജാതിക്കാരെ എതിർത്താൽ മേൽജാതിക്കാരെ എതിർത്താൽ അതിനുള്ള ശിക്ഷ മരണമായിരിക്കും അതിനുള്ള ശിക്ഷ മരണമായിരിക്കും രാജാവും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ രാജാവും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ മേൽജാതിക്കാരായിരുന്നല്ലോ മേൽജാതിക്കാരായിരുന്നല്ലോ അവർ ജീവിതത്തിലെ സകല സുഖങ്ങളും അവർ ജീവിതത്തിലെ സകല സുഖങ്ങളും തങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കാറുണ്ടായിരുന്നു തങ്ങൾക്ക് വേണ്ടി നീക്കിവയ്ക്കാറുണ്ടായിരുന്നു ഇവിടത്തെ അതിക്രൂരമായ ജാതി വ്യവസ്ഥ ഇവിടത്തെ അതിക്രൂരമായ ജാതി വ്യവസ്ഥ കണ്ടിട്ടാണ് കണ്ടിട്ടാണ് വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞത് വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞത് പക്ഷെ ഇന്ന് അദ്ദേഹം വന്നാൽ പക്ഷെ ഇന്ന് അദ്ദേഹം വന്നാൽ ം തിരുത്തി എഴുതിക്കോളൂ അഭിപ്രായം തിരുത്തി എഴുതിക്കൊള്ളൂ സാധാരണ ജീവിതത്തിൽ നമ്മുടെ നാട്ടുകാർ സാധാരണ ജീവിതത്തിൽ നമ്മുടെ നാട്ടുകാർ ജാതി വ്യത്യാസം ജാതി വ്യത്യാസം കണക്കിലെടുക്കാറേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിന്റെ പുരോഗതിയെ പറ്റി നമ്മുടെ നാട്ടിന്റെ പുരോഗതിയെ പറ്റി തനിക്ക് വലിയ അഭിമാനമാണല്ലോ തനിക്ക് വലിയ അഭിമാനമാണല്ലോ അഭിമാനിക്കാൻ തക്ക പുരോഗതി ഉണ്ടായിട്ടില്ല അഭിമാനിക്കാൻ തക്ക പുരോഗതി ഉണ്ടായിട്ടില്ല എന്നെനിക്കും അറിയാം എന്നെനിക്കും അറിയാം പക്ഷെ നോക്കുമ്പോൾ പക്ഷേ മറ്റുള്ളവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർ കൂടുതൽ സഹിഷ്ണുതയോടെ പെരുമാറാറുണ്ട് നമ്മുടെ നാട്ടുകാർ കൂടുതൽ സഹിഷ്ണുതയോടെ പെരുമാറാറുണ്ട് എന്ന് പറയുന്നേയുള്ളൂ എന്ന് പറയുന്നേയുള്ളൂ എത്രയോ മിശ്ര വിവാഹങ്ങൾ നടക്കാറില്ലേ നമ്മുടെ നാട്ടിൽ എത്രയോ മിശ്ര വിഭാഗങ്ങൾ നടക്കാറില്ലേ നമ്മുടെ നാട്ടിൽ അച്ഛനമ്മമാരുടെ സമ്മതമില്ലാതെയുള്ള മിശ്ര അച്ഛനമ്മമാരുടെ സമ്മതമില്ലാതെയുള്ള മിശ്ര വിവാഹങ്ങൾ മറ്റു പലയിടത്തും നടക്കാറുണ്ടായിരിക്കും ഭാരതത്തിൽ മറ്റു പലയിടത്തും നടക്കാറുണ്ടായിരിക്കും അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും നമുക്ക് മേന്മ അവകാശപ്പെടാനാവില്ല നമുക്ക് മേന്മ അവകാശപ്പെടാനാവില്ല ജാതിവ്യവസ്ഥ ജാതി വ്യവസ്ഥ വേരോടെ പിഴുതു കളഞ്ഞാലേ ജനങ്ങൾക്ക് നന്മ വരൂ ജനങ്ങൾക്ക് നന്മ വരൂ ഡ്രിൽ എന്നും ഈ സമയം അയാൾ ഇവിടെ എത്താറുണ്ട് എന്നും ഈ സമയം അയാൾ ഇവിടെ എത്താറുണ്ട് അദ്ദേഹത്തിനെ കാണുമ്പോഴൊക്കെ അവൾ അച്ഛനെ ഓർമ്മിക്കാറുണ്ട് അദ്ദേഹത്തിനെ കാണുമ്പോഴൊക്കെ അവൾ അച്ഛനെ ഓർമ്മിക്കാറുണ്ട് ഇക്കാലത്ത് ജാതിയെപ്പറ്റി വലിയ വഴക്കുകൾ ഉണ്ടാകാറില്ല ജാതിയെപ്പറ്റി വലിയ വഴക്കുകൾ ബ്രിട്ടീഷുകാർ നാട്ടുകാരോട് ക്രൂരമായി പെരുമാറാറുണ്ടായിരുന്നു ോട് ക്രൂരമായി പെരുമാറാറുണ്ടായിരുന്നു മുതലേ അവർ മീൻ കൂട്ടാറുണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ അവർ മീൻ ഏത് സ്റ്റേജിലും കയറി പ്രസംഗിക്കാൻ അവൻ ഭയപ്പെടാറുണ്ടായിരുന്നില്ല സ്റ്റേജിനും കയറി പ്രസംഗിക്കാൻ അവൻ ഭയപ്പെടാറുണ്ടായിരുന്നില്ല ഇപ്പോഴും അവർ പഴയ അധ്യാപകനെ ഓർമ്മിക്കാറുണ്ടായിരിക്കും ഇപ്പോഴും അവർ പഴയ അധ്യാപകനെ ഓർമ്മിക്കാറുണ്ടായിരിക്കും ഈ നാൽപ്പതാമത്തെ വയസ്സിലും അവൾ പാടാറുണ്ടായിരിക്കും ാമത്തെ വയസ്സിലും അവൾ പാടാറുണ്ടായിരിക്കും ഇപ്പോൾ അവൾ കഴിഞ്ഞ കാലത്തെപ്പറ്റി സ്വപ്നം കാണാറില്ലായിരിക്കും ഇപ്പോൾ അവൾ കഴിഞ്ഞ കാലത്തെപ്പറ്റി സ്വപ്നം കാണാറില്ലായിരിക്കും നിങ്ങളുടെ വീട്ടിൽ എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കാറുണ്ടോ നിങ്ങളുടെ വീട്ടിൽ എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കാറുണ്ടോ വിവേകാനന്ദന്റെ പുസ്തകങ്ങൾ ഇന്നും ആളുകൾ വായിക്കാറില്ലേ വിവേകാനന്ദന്റെ പുസ്തകങ്ങൾ ഇന്നും ആളുകൾ വായിക്കാറില്ലേ എക്സ്പാൻഷൻ ഡ്രിൽ ഞാൻ ഓർക്കാറുണ്ട് സംഭവം ഞാൻ സംഭവം ഓർക്കാറുണ്ട് ഞാൻ സംഭവം ഓർക്കാറുണ്ട് ഞാൻ ആ പഴയ സംഭവം ഓർക്കാറുണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ആ പഴയ സംഭവം ഓർക്കാറുണ്ട് നൗ ഫോളോ ദോഡൽ അവൾ നൃത്തം ചെയ്യാറുണ്ടായിരുന്നു ഭംഗിയായി അവൾ ഭംഗിയായി നൃത്തം ചെയ്യാറുണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ഭംഗിയായി നൃത്തം ചെയ്യാറുണ്ടായിരുന്നു എന്റെ കൂടെ എന്റെ കൂടെ പഠിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൾ ഭംഗിയായി നൃത്തം ചെയ്യാറുണ്ടായിരുന്നു മഹിളാലയം സ്കൂളിൽ മഹിളാലയം സ്കൂളിൽ എന്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ഭംഗിയായി നൃത്തം ചെയ്യാറുണ്ടായിരുന്നു വിദേശിയർ രൂപീകരിക്കാറുണ്ടായിരിക്കും അഭിപ്രായം വിദേശിയർ അഭിപ്രായം രൂപീകരിക്കാറുണ്ടായിരിക്കും അവരുടേതായ വിദേശിയർ അവരുടേതായ അഭിപ്രായം രൂപീകരിക്കാറുണ്ടായിരിക്കും നമ്മുടെ സംസ്കാരത്തെ പറ്റി നമ്മുടെ സംസ്കാരത്തെപ്പറ്റി വിദേശീയർ അവരുടേതായ അഭിപ്രായം രൂപീകരിക്കാറുണ്ടായിരിക്കും ആചാര മര്യാദകൾ കാണുമ്പോൾ ആചാരമര്യാദകൾ കാണുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ പറ്റി വിദേശീയർ അവരുടേതായ അഭിപ്രായം രൂപീകരിക്കാറുണ്ടായിരിക്കും നമ്മുടെ ആചാരമര്യാദകൾ കാണുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ വിദേശിയർ അവരുടേതായ അഭിപ്രായം ിൽ മോഡൽ വൺ സരള വീണ വായിക്കുന്നു സരള വീണ വായിക്കാറുണ്ട് നൗ ഫോള മോഡൽ എല്ലാവരും ഹിന്ദിയിൽ സംസാരിക്കുന്നു എല്ലാവരും ഹിന്ദിയിൽ സംസാരിക്കാറുണ്ട് സരളയും നൃത്തം പഠിക്കുന്നോ സരളയും നൃത്തം പഠിക്കാറുണ്ടോ മിശ്രവിവാഹങ്ങൾ നടക്കുന്നില്ലേ ഹങ്ങൾ നടക്കാറില്ലേ നേതാക്കന്മാർ ധാരാളം പ്രസംഗിക്കുന്നു നേതാക്കന്മാർ ധാരാളം പ്രസംഗിക്കാറുണ്ട് ആരും ആ മനുഷ്യനെ ബഹുമാനിക്കുന്നില്ല ആരും ആ മനുഷ്യനെ ബഹുമാനിക്കാറില്ല മോഡൽ ടു പണ്ടൊക്കെ ഞാൻ അവിടെ പോയിരുന്നു പണ്ടൊക്കെ ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു നൗ ഫോളോ ദ മോഡൽ അവരും അത്രയ്ക്ക് അവരും അത്രയ്ക്ക് സമ്പാദിക്കാറുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും ചേട്ടൻ ശ്രദ്ധിച്ചിരുന്നില്ലേ എല്ലാ കാര്യങ്ങളിലും ചേട്ടൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ലേ താഴ്ന്ന ജാതിക്കാരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു താഴ്ന്ന ജാതിക്കാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാറുണ്ടായിരുന്നു ദിവസം രണ്ടു മൂന്ന് മൈൽ നടന്നിരുന്ന ദിവസവും രണ്ടു മൂന്ന് മൈൽ നടക്കാറുണ്ടായിരുന്നോ തെറ്റുകളെല്ലാം സമയത്തിന് തിരുത്തിയിരുന്നില്ല തെറ്റുകളെല്ലാം സമയത്തിന് തിരുത്താറുണ്ടായിരുന്നില്ല മോഡൽ ത്രീ ഇപ്പോഴും വന്നേക്കും ഇപ്പോഴും വരാറുണ്ടായിരിക്കും നൗ പൊളത് മോഡൽ ചെറുപ്പക്കാർക്ക് ഈ കാര്യത്തിൽ അസംതൃപ്തി തോന്നിയേക്കും ചെറുപ്പക്കാർക്ക് ഈ കാര്യത്തിൽ അസംതൃപ്തി തോന്നാറുണ്ടായിരിക്കും ക്ലാസുകൾ തുടങ്ങിയേക്കും ക്ലാസുകൾ തുടങ്ങാറുണ്ടായിരിക്കും കറിയിൽ ഉപ്പ് കൂടുതൽ ഇട്ടേക്കും കറിയിൽ ഉപ്പ് കൂടുതൽ ഇടാറുണ്ടായിരിക്കും അങ്ങനത്തെ ചോദ്യം ചോദിച്ചേക്കും അങ്ങനത്തെ ചോദ്യം ചോദിക്കാറുണ്ടായിരിക്കും പല അപകടങ്ങളിലും ചാടിയേക്കും പല അപകടങ്ങളിലും ചാടാറുണ്ടായിരിക്കും ഡ്രിൽ മോഡൽ വൺ നിങ്ങൾ കവിത എഴുതാറുണ്ടോ സാധാരണ എഴുതാറില്ല ഒന്നോ രണ്ടോ എഴുതിയിട്ടുണ്ടോ നൗ ഫോളോ ദ മോഡൽ നിങ്ങൾ സിനിമ കാണാറുണ്ടോ ണാറില്ല ഒന്നോ രണ്ടോ കണ്ടിട്ടുണ്ട് നിങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ടോ സാധാരണ വലിക്കാറില്ല ഒന്നോ രണ്ടോ വലിച്ചിട്ടുണ്ട് നിങ്ങൾ പുസ്തകം വായിക്കാറുണ്ടോ സാധാരണ വായിക്കാറില്ല ഒന്നോ രണ്ടോ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ പഴം തിന്നാറുണ്ടോ സാധാരണ തിന്നാറില്ല ഒന്നോ രണ്ടോ തിന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാ വർഷവും പുതിയ സാരികൾ വാങ്ങാറുണ്ടോ സാധാരണ വാങ്ങാറല്ല ഒന്നോ രണ്ടോ വർഷം പുതിയ സാരികൾ വാങ്ങിയിട്ടുണ്ട് മോഡൽ ടു ഇപ്പോഴും അവൾ എന്നെ പറ്റി ഓർക്കുമോ ഓർക്കാറുണ്ടായിരിക്കും എനിക്കറിയില്ല നൗ ഫോളോ ദ മോഡൽ ഇപ്പോഴും അവർ തമ്മിൽ വഴക്കുകൂടുമോ ൂടാറുണ്ടായിരിക്കും എനിക്കറിയില്ല ഇപ്പോഴും ശൈലജ ആ വീട്ടിൽ പോകാറുണ്ടോ പോകാറുണ്ടായിരിക്കും എനിക്കറിയില്ല ഇപ്പോഴും രമണി ദിവാസ്വപ്നം കാണാറുണ്ടോ ണാറുണ്ടായിരിക്കും എനിക്കറിയില്ല ഇപ്പോഴും ശാന്ത രാത്രി പട്ടിണി കിടക്കുമോ കിടക്കാറുണ്ടായിരിക്കും എനിക്കറിയില്ല ഇപ്പോഴും എന്നും അയാൾ കള്ളു കുടിക്കുമോ കുടിക്കാറുണ്ടായിരിക്കും എനിക്കറിയില്ല മോഡൽ ത്രീ നിങ്ങളും ആ പാട്ട് കേട്ടിരുന്നോ ഒരിക്കലല്ല പലപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു നൗ ഫോളോ ദ മോഡൽ നിങ്ങളും അവളെ മീറ്റിംഗിന് വിളിച്ചിരുന്നോ പലപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു നിങ്ങളും അവനെ പറ്റി ഓർത്തിരുന്നോ ഒരിക്കലല്ല പലപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു നിങ്ങളും ആ കുഞ്ഞിനെ എടുത്തിരുന്നോ ഒരിക്കലല്ല പലപ്പോഴും എടുക്കാറുണ്ടായിരുന്നു നിങ്ങളും അദ്ദേഹത്തിന് തൊഴുതിരുന്നു ഒരിക്കലല്ല പലപ്പോഴും തൊഴാറുണ്ടായിരുന്നു